അള്ളാഹുസുബഹാനഹുവചായ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഹിജറബോയാൽ അവൻ ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും വിശാലതയും കണ്ടെത്തും അള്ളാഹുസുബഹാനഹുവചായ ഇലേക്കും അവൻറെ റസൂലിലേക്കും ഹിജറബോയി തൻറെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഒരാൾ മരണത്തിന് കീഴടങ്ങിയാൽ അവൻറെ പ്രതിഫലം അള്ളാഹുസുബഹാനഹുവചായാലായായായായായായായായായായുടെ മേൽ ഉറപ്പായിക്കഴിഞ്ഞു അള്ളാഹുസുബഹാനഹുവചായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു